ഇഡലി തൊട്ട് മന്ത്രം ജവിച്ചിട്ട് അതെന്നൊരു അറ്റൊടിച്ച് വായി വെക്കുന്ന സന്യാസിയെ അവിടെ കണ്ടാൽ പിറ്റേ ദിവസം പോലും ഇയാളെ അനുകരിക്കാൻ പോകും ആഹാരത്തിന് ആരെയും അനുകരിക്കരുത് വീട്ടിൽ സന്യാസി വരും അയാളെയൊന്നും അനുകരിക്കരുത് വീട്ടിൽ പള്ളി ലക്ഷം വരും അങ്ങനെയൊന്നും അനുകരിക്കരുത് മനസ്സിലായില്ല ഇവര് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരല്ല ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ തിന്നുന്നവരല്ല സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ We are eating like bulls and acting like devils. One day, we are going to eat one day. We are going to eat one day. We are going to eat one day. And we are going to eat one day. Aharan, Shuddha, Avakrav, Mariyadha, Masruna. അവനവന്റെ അഗ്നിബലം അനുസരിച്ചുള്ളതും അവനവൻ ജീവിക്കുന്ന കാലത്തിന് ചേർന്നതും അവനവന്റെ കാലത്തിന് ചേർന്നതും ജീവിക്കുന്ന കാലം ഏതുക അവനവന്റെ കാലത്തിന് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഒക്കെ അനുസരിച്ച് മനസ്സിലായില്ല അതിനനുസരിച്ചുള്ളതായിരിക്കണം ഇപ്പൊ കാലം നോക്കണം ദേശം നോക്കണം എന്നിട്ടൊക്കെ കഴിക്കണം അങ്ങനെ കഴിപ്പിക്കുകയും വേണം പിള്ളേരെ വടക്കേണ്ടിയെ പോയെ ചെന്ന് പിറ്റേ ദിവസം അവര് കേരളത്തിൽ റൊട്ടി ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുക അരി കൊടുക്കുകയില്ല മനസ്സിലായില്ല ഞങ്ങളിപ്പം ഞങ്ങൾ കഴിഞ്ഞ കൈലാസ യാത്ര കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ അരി വെച്ചിട്ടേ ഭഗവാൻ കൈലാസനാഥൻ ഇപ്പൊ പറയുന്നുണ്ടാവും മേടാ നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു നിനക്ക് പറ്റിയ സ്ഥലമല്ലായിരുന്നു ശരിയല്ല ഇങ്ങനെയൊക്കെയുള്ള സൈസുരുപ്പിടികൾ ഉണ്ടാവുമല്ലേ ഇവരൊക്കെ പിള്ളേരും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ജനിക്കുമ്പോഴാണ് നമ്മളൊക്കെ വിചാരിക്കുക അവരെയൊക്കെ ഇത്തരക്കാരി പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ കണ്ടാലാണ് നമ്മളെ സാക്ഷാനും കാരണം ഇവരുമായി പൊരുത്തപ്പെട്ട ആണെന്ന് ജീവിച്ചു പോകുന്നു ഇത്തരക്കാരന്മാർക്ക് ഭാര്യ കണ്ടുകഴിഞ്ഞാൽ വളരെ അകലേന്ന് നീന്തി നമസ്കരിക്കണം കാരണം ഒരു ദിവസം നമുക്ക് ഇവരുടെ കൂടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല ആരോഗ്യപരമായി അപ്പൊ ഇത് കുറെ കൊല്ലം പോകുന്നുണ്ടെങ്കിൽ ശരിയല്ല വളരെ വലിയ നിങ്ങളൊക്കെ എഴുതിപ്പെടുമെന്ന് ആലോചിച്ചുകൂടെ ഞാൻ നമസ്കരിക്കുന്നുണ്ട് എന്നെ നല്ലോരോ ഭക്തി എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വളരെ ആലോചിക്കണം ഹാര നിഹാരാദികളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം പോവാൻ അതുകൊണ്ട് ഒരു വസ്തുവിനെയും അതിന്റെ കാരണപഠനങ്ങൾ അവഗ്രഹിച്ചല്ലാതെ ശത്രുവായി കാണരുത് ശത്രുത മനസ്സിലരുത് ഇനി വിഷമായാൽ പോലും അതിനോട് ശത്രുത വരരുത് മനസ്സിലായില്ല കാരണം എന്നെങ്കിലും അറിയാതെ കഴിക്കേണ്ടതാണെന്ന് ഓർക്കണം ഇന്നത് എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം കഴിച്ചുപോയി കഴിച്ചു പോയാൽ ഉടനെ പരിഹാരം തേടിക്കുകയുള്ളുകത്രയുള്ള വഴി വേറെ ഒന്നും ചെയ്യാനില്ല അത്രേ പരിഹാരം പരിഹാരം ഉണ്ട് എന്തിനു മദ്യം കഴിക്കുന്നതല്ല ചായക്കാത്ത ഒരുക്കം തന്നെ ചായയാണെന്നുള്ളതാ കുടിച്ചത് അകത്തിൻ പെരുമാറാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുപ്പി മോരം കുടിച്ചോളുക മനസ്സിലായില്ല അവരുടെ പണിയങ്ങ കാരണം അങ്ങനെ അകത്തോട്ട് എത്തി കഴിയുമ്പോഴേക്ക് രണ്ടും കൂടെ ഒരു പെരുമാറ്റം പെരുമാറി വെള്ളമായി മാറും പിന്നെ ശരീരത്തിന് വലിയ കുഴപ്പമില്ല കഞ്ചാവ് അടിച്ചുപോയി നിർത്തി ഇല്ല കാരണം അടിച്ചുപോയി വലിച്ചുപോയി ഒരെണ്ണ നല്ല കാന്താനമുള്ള ഇടുന്ന നെറുകേലങ്ങ് കുറച്ച് പൊട്ടിക്കുക പിന്നെ ഒത്തിരി കാന്താനമുള്ള നെറുകേല പൊട്ടിക്കുമ്പോഴേക്ക് പെരുമാറി ചെറിയ പോകും ഇങ്ങനെ ഏത് സാധനത്തിനും ആന്റിഡോട്ട് ഉണ്ടാവും കഴിച്ച പിന്നെ അതേ ചക്ക കൂടുതൽ തിന്നുപോയി ചക്ക തിന്നരുതാക്കുകയാണ് ഒട്ടനെ ചുക്ക് പിടിപ്പിച്ചോളുക ഒരു മാങ്ങാതെ തിന്നിടത്ത് ആറ് മാങ്ങാതിന്നുപോയി പക്ഷെ തേങ്ങാ വാങ്ങാ അല്ല ഒന്നിനെയും ശത്രുവാക്കരുത് ആദ്യം ശത്രുത പറഞ്ഞേ പഠിപ്പിക്കരുത് പക്ഷേ ചില നേരത്തൊക്കെ തെറ്റിപ്പോവും കാരണം ഒന്നാമത്തെ കാര്യം കൊതി കുടിച്ചാണ്ടേ ഇവ കഴിഞ്ഞ ദിവസം നാനൂറ് സൂവർ വായ്പ വെല്ലുമു സൂറൊക്കെ മാറിക്കിടന്നതാണ് സൂറക്കമാര് എമ്പതിലോ അറുപതിലോ ഒക്കെ എത്തി മരുന്നൊക്കെ നിർത്തുകയാണ് അപ്പോഴാണ് തലശ്ശേരിന്ന് മരുമകം വന്നപ്പോ കേക്ക് കൂട്ടത് വല്ലുമൊതി സഹിച്ചില്ല ഒരു കഷ്ണം കേക്കാണ് കുഴപ്പമില്ല മൂന്നാല് കേക്കാവുണ്ടോ ഇന്ന് ഒരു പേർക്ക് മൂവൻ കൊതി ചോദിക്കണ്ടേ എന്നിട്ട് രാവിലെ വന്നിരിക്കുകയാണ് നാനൂറ് വായ്പ പഞ്ചസാര അല്ല കുഴപ്പമുണ്ടാക്കിയത് അതിലെ മുട്ടയുടെ വെള്ളയല്ല കുഴപ്പമുണ്ടാക്കിയത് അതിലെ മൈദയിലടങ്ങിയ അലക്സനാണ് കുഴപ്പമുണ്ടാക്കിയത് മനസ്സിലായില്ല നിങ്ങൾ ഉടനെ ഇത് കേട്ടവ പഞ്ചസാരയാണെന്ന് വിചാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതിലെ മൈദയിലെ അലക്സൻ ഒരു കേക്ക് കിട്ടിയ കോളിൽ നിന്ന് ഒരു പിടിപ്പിലേക്ക് വിളിക്ക മകം വന്നപ്പോഴേ പറഞ്ഞു മുഴുവൻ തീർത്തു അല്ലെന്ന് വിളിച്ചു മുഴുവൻ സ്പഞ്ച് കേക്കാണ് അതിനെന്താ കുഴപ്പമില്ല പോർജി പോലിരിക്കുന്നു പിടിച്ചോണ്ട് വന്നു വൈദ്യനോട് തന്നെ സംസാരിച്ചപ്പോ പറഞ്ഞത് ഇത് കണ്ടാൽ ആര് കഴിക്കായിരിക്ക വൈദ്യനെ നല്ല പറ്റു വന്നായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു സംഭവിച്ചാൽ അനിതയുള്ള വഴി മറക്കണ്ട അതുകൊണ്ട് ഒന്നിനെയും എതിർക്കണ്ട എതിർക്കുന്നവനുള്ളതാ ഈ ലോകത്തെ രോഗങ്ങളെല്ലാം ഇത് വളരെ സൗമ്യമായി ഓരോ ചേർന്ന് മാറ്റിക്കൊണ്ടുപോയാ അപ്പൊ ഭയപ്പെടുത്തുക എന്നുള്ളതിൽ പെടരുത് ഭയപ്പെടരുത് അവയോട് അറിഞ്ഞും അറിയാതെയും ഇടപഴകേണ്ടി വരുമ്പോൾ താനും അവയും ഒരേ സത്യം തന്നെയാണെന്ന് അറിയുകയും അവ എനിക്ക് കുഴപ്പമാവുക തീരുമാനിക്കുകയും ചെയ്താൽ സമാനായിരുന്നു വിഷമായിരുന്നത് നമ്പൂരി പറഞ്ഞു നമ്പൂരി മറ്റേ കാര്യത്തെ നായരും ഒന്നിച്ച് പോവാണ് ഇടത്തൊണ്ടിലൂടെ നായരുടെ ഉണ്ട് നമ്പൂരി പുല്ലാന്നെയാണ് വളർന്നു നിൽക്കുന്നത് പുറകയും നോക്കിയപ്പോ നമ്പൂരിയുടെ തലയിലേക്ക് അവർ പാമ്പ് കൊത്തിയത് പുല്ലാത്തിമൂർഖനാ നോക്കിയപ്പോ തിരുമേനി എന്താ തിരുമേനിയും തിരുമേനിന്ന് വിളിക്കുന്നത് അല്ല തിരുമേനി പാമ്പ് ഉവോ എവിടെ അല്ല തിരുമേനി മോളിൽ ഉവോ എന്താ ഈ തിരുമേനിയുടെ തലയിൽ കടിച്ചു ഏഭ്യൻ ഇനിയിപ്പോ വിഷം മോളിലോട്ട് കയറുകയല്ലോ ല്ലേ കലി പിന്നെ എന്ന് പറഞ്ഞ പോലെ ജീവിതത്തോട് ഇത്തരം നിസ്സംഗമായൊരു സമീപനത്തിന് പറ്റുകൊണ്ടു രോഗം തന്നെ ഇറങ്ങും പകരം ഏതെങ്കിലും ഒരു കോശത്തിന് ചെറിയൊരിത് പറ്റിയാൽ അത് വലുതാണെന്ന് വിചാരിച്ചാൽ പിന്നെ പടം അവിടെ നിന്ന് കയറാൻ അതി അവനവന ബോധം വേണം ബോധം ആരക്ഷിക്കുന്നത് ക്യാൻസർ പഠനത്തിൽ ഇത് വളരെ നിർണായകവുമാണ് ആരോഗ്യവും അവയെ തന്റെ ഔധ്യം കൊണ്ട് നിരാകരിക്കുക ചിലപ്പോഴെങ്കിലും അവയുടെ സാമീപ്യം ജാഗ്രത്തിൽ അറിയാതെ പോലും ഇടപഴകേണ്ടി അവയെ പണ്ടുപാസിക്കുകയും നിലമാറിയതോടെ നിരാകരിക്കുകയും സാമൂഹിക പുരോഗതിയിലും ഔദ്യോഗിക ഔന്നത്യത്തിലും തെറ്റായ ജീവിത രീതികളിലും അതുപോലെ സാമൂഹിക പരിഷ്കാരത്തിന്റെ ഭാഗമായും മറ്റും മറ്റും തന്റെ അവിഭാജ്യ ഘടകമായ എന്തിനെയും പ്രകൃതിയെയും നിരാകരിക്കേണ്ടി അത് നാം പഠനത്തിനെടുക്കുന്നില്ല അതാണ് പഠിക്കേണ്ടത് ക്യാൻസർ പഠനത്തിന് മുഖ്യമായി കാരണം ഒരിക്കല് തോളി നടന്നത് പിന്നെ ഒരിക്കല് നിരാകരിക്കുക പിന്നെയും അതിൽ ചെന്ന് വീഴേണ്ടി വരിക ഒരിക്കൽ വലുതായത് തെറ്റാണെന്ന് അറിയുമ്പോൾ വലിച്ചെറിഞ്ഞിട്ട് പിന്നെയും അതിൽ ചെല്ലേണ്ടി വരിക ശരിയെന്ന് തോന്നിയത് തെറ്റാവുക ഇതൊക്കെ ചേർന്ന ഇന്നത്തെ ഔദ്യോഗിക സാമൂഹിക ജീവിതം ശരിയല്ല ഈ മാറ്റം മറിച്ചിലൊക്കെ രോഗമാണ് പണ്ടൊക്കെ ഇത് ആഹാരത്തിന്റെ കാര്യത്തിലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നിങ്ങളുടെ മതം അനുഷ്ഠാനം വിശ്വാസം എല്ലാം ഇതാണ് ഒരു സാമിയാരെ കാണും അയാൾ പത്മാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം ജീവിക്കും അപ്പോഴാണ് വേറൊരുത്തം വരുന്നത് എന്തായി കാണിക്കുന്ന ജവിക്കുക അത് ജവിക്കാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് വജ്രാസനത്തിലേ ജവിക്കാവോ ഇത്രയും കാലം ജീവിക്കുക അയ്യോ അത് വളരെ കുഴപ്പമാണ് അതിന് പായസിച്ച ദിവസമാണ് സ്വസ്ഥത പോയി വീട്ടമ്മറ്റിവ ഒരു മരം ഇരുവിടെയാണ് വെക്കേണ്ടത് വേറെ അടുത്തും വന്നു ഇതിവിടെ വെച്ചു കൂട വീടിനുള്ള നട മൂന്ന് നടയാണ് മറ്റോ വന്നിട്ട് നാലാണ് വേണ്ടത് അടുത്തോം നാലല്ല ഒറ്റ നമ്പരാണ് വേണ്ടത് ശരിയല്ല ഇങ്ങനെ ഒരുപാട് എണ്ണമുണ്ട് ഇതുവൻ കക്ഷി ശാസ്ത്രം വാസ്തുശാസ്ത്രം അല്ലേ ചൈനീസ് അമേരിക്കൻ ഇംഗ്ലീഷ് ജപ്പാൻ ഇന്ത്യൻ എൻ്റെയൊക്കെ ആശാന്മാരൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കല്ലോ ഞാൻ തല്ലും വാങ്ങിക്കുന്നായിരിക്കും ഇതൊക്കെ മനുഷ്യനെ സ്വസ്ഥതയില്ലാതാക്കുന്ന സാധനങ്ങളാണ് ആദ്യം പ്രാണനാണ് വലുതെന്ന് അറിയണം ചികിത്സാശാസ്ത്രത്തിലും രോഗനിർണയത്തിലും പ്രാണൻ അതിൻ്റെ ദേവതയിലാണ് വിലയം പ്രാപിക്കുന്നതെന്ന് ആദ്യ അറിയണം പ്രാണനിൽ നിന്നാണ് മനസ്സെന്നറിയണം മനസ്സിൽ നിന്നാണ് വാക്കെന്നറിയണം വാക്ക് മനസ്സിലും മനസ്സു പ്രാണനിലും പ്രാണൻ ദേവതയിലുമാണ് ലയിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കണം അതിനിപ്പോൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം ബാക്കിയൊക്കെ ജീവിക്കാനുള്ള കസർത്താണെന്ന് മനസ്സിലാക്കണം ജീവിക്കുവാനുള്ള കഥർത്താ ഇതല്ല ഒന്ന് ജീവിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ കാശടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ ശങ്കയില്ലാതെ ഇത്തരുണത്തിൽ വൈദ്യശാസ്ത്രം അർബുദത്തിന് കാരണമായ അർബുദ ബീജഭാഗ അവയവം ഹോങ്കോജി എന്ന നിലയിൽ ഏതാണ്ട് എല്ലാ വസ്തുക്കൾക്കു നേരെയും വിരൽ ചൂണ്ടുന്നു ഒരു ആയിരത്തി അറുന്നൂറോളം എണ്ണം ഉണ്ട് ഞാൻ ഒരിക്കലും പേരെല്ലാം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ പ്ലാസ്റ്റിക്ക് ഏർ എല്ലാം പറഞ്ഞു ഓർമ്മ നമ്മൾ ക്ലാസ്സിലാത്തിയ കാലത്ത് അതൊക്കെ എണ്ണി കാർസനോജലിക്സ അങ്ങനൊരു സാധനം ഇല്ല പഴയ കാലത്ത് നിങ്ങളെ വീടുകളിലൊക്കെ കല്യാണത്തിനൊക്കെ പോയാൽ മുറുക്കാനും പേടിയൊക്കെയാ വെച്ചിരുന്നെ അത് വല്യമ്മ വലിയാലോ വടക്കം പുകലെയോ വരുതെന്നിരുന്നത് വരിക്കുകയല്ലേ ഇതിരുന്ന മനസ്സിലായില്ല പിന്നെ വടക്കം പോകലാന്ന് വീടുന്നുണ്ടോ ഇല്ല ഗാലിപ്പോകലല്ല ജ്യാപ്പാണം പുകയിലല്ല അവനൊക്കെ മൂന്നാം തരം പുകലേ പുകയിലെ അറിയണമെങ്കിൽ വടക്കം പുകയിലെ അറിയണം ഒന്നും അറിയില്ല കണ്ടിട്ടുണ്ടോ ഇല്ല ഏ അത് കൂട്ടിയാ മുറുക്കുന്ന മാത്രല്ല ഈ പുകയിലെല്ലാം ആണ് ശർക്കരയൊക്കെ കൂട്ടി ഇടിച്ചു വെക്കുന്നത് കാരണന്മാർ എഴുപതും തൊണ്ണൂറും എൺപതും വയസ്സിലൊക്കെ ഇങ്ങനെ വാരി ആയിട്ട് തിന്നുകൊണ്ടിരിക്കുക തിന്നിലായിരുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഇടിച്ചു നല്ല മുന്തിരി അയമോളൂ ഏലത്തരി ഒക്കെ ഇട്ട് ഏ എന്നിട്ട് അന്നൊന്നും ഈ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല കാരണം അവർക്കൊരു ശത്രുവായിരുന്നില്ല ഇനിപ്പോയി ഒന്നും അടിച്ചേക്കരുത് നല്ല ജനിതകത്തിനകത്തൊരു ശത്രുവാണ് മനസ്സിലായില്ല ാണ് ഈ രണ്ടു തമ്മിലുള്ള വ്യത്യാസം അവര് വസ്തുക്കളെ കണ്ടത് സുഹൃത് ഭാവത്തിലാണ് ഇനി നിനക്കത് പറ്റില്ല ഇനി ഒരു അനേക തലമുറ ഇനി പരിശീലിക്കാനേ പറ്റൂ ഇപ്പൊ പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ മക്കളെ മക്കളെ മക്കൾ ഇനപോലെ എഡ്സോഡും ഇങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എഡ്സോഡ് ചോദിച്ചുകൊണ്ട് ഉടനെ ഇനി കേട്ട ചോടിപ്പോയി മേടിച്ചു തരരുത് സാമിയാ പറഞ്ഞേ ഞങ്ങളൊന്നും പരീക്ഷിക്കാം സ്വപ്നത്തിൽ ഉണ്ടാവണം ജാഗ്രതത്തിൽ പോരാ അതിന് പിള്ളേർക്കുണ്ടാവും ഇപ്പൊ സ്വപ്നം കണ്ടാല് പിടിയിട്ടില്ല അതുകൊണ്ട് വളരെ പാടുന്നു ഉള്ള മതങ്ങളും ഉള്ള ജാതികളും ഉള്ള വർഗങ്ങളും വർണ്ണങ്ങളും എല്ലാം കൂടെ ചേർന്ന് കുട്ടിച്ചോറാക്കിയ ഒരു ആരോഗ്യമാണ് നിങ്ങൾക്കുള്ളത് തിരിച്ചു വരാൻ എല്ലാം കൂടെ വന്നാ പറ്റിയില്ല വിളിച്ച് വീട്ടി സദ്യ കൊടുത്ത് നീട്ടു ോട് പറഞ്ഞാൽ മനസ്സിലാവും അല്പമെങ്കിലും മനസ്സിലാവും ഏഹ് പുതിയ തലമുറയിലെ വിദ്യാഭ്യാസമുള്ള ഒരാളുണ്ടായാൽ മതി പഴയ വില്ലിമയാണേ കുളിക്കാൻ പോകും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകും അത് വെള്ളത്തിലേക്കൊക്കെ ആയിരുന്നു ആ വലിമയുടെ കൂടെ പോയാലേ അത് നേരെയാവില്ല ഏ ഇപ്പം വട്ടവർഷം നിങ്ങൾ കൊണ്ടുപോകാൻ അതാകുമ്പോൾ ശരിയല്ല ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വളരുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇനിയും പെടാത്തവയെ പെടുത്തുന്നതിന് പത്രപ്പെടുന്നു ക്യാൻസറോജനകളും ക്യാൻസറോജനിസിസും ഏതാണ്ട് അന്തമില്ലാത്ത ഒരു അന്വേഷണത്തിന്റെയും പണക്കൊതിയന്മാരുടെ കച്ചവടത്തിന്റെയും രംഗവേദിയാണ് Medicine, What causes ക്യാൻസർ ന്യൂ വീക്ക് ജാനുവരി ട്വന്റി സിക്സ് നയൻറ്റീൻ സെവൻറ്റി സിക്സ് മെഡിസിനുകൾ ഒന്ന് വായിച്ച് നോക്കുക അപ്പൊ Medicine What മെഡിസിൻ കോസഫ് ക്യാൻസർ ഇതിന്റെ പേരാണ് ഒരു ലേഖനമാണ് ന്യൂസ് വീക്കിൽ വന്ന ജാനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് റെഫറൻസ് അവിടെ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കുറച്ച് ഭാഗം മാത്രമല്ല ഇത് പണക്കുതിയന്മാരുടെ രംഗവേദിയാണെന്ന് പറയുന്ന ഒരു നല്ല ലേഖനമുണ്ട് എക്കോണമി ആൻഡ് ബിസിനസ് റിയപ്രൈസിംഗ് സച്ചാരിൻസിംഗ് സച്ചാരിൻ ആൻഡ് എഫ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ടൈം ആയിരത്തി वूर्यप्रकाश ആധുനിക വൈദ്യവിശാരതൻ്റെ കണ്ണിൽ മിശ്രോന്റെ ശത്രുവാണ് ആന്ധ്രയിലും കേരളത്തിലും ഒക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും റിസർച്ച് ചെയ്തിരിക്കുന്നത് അവിടെ സൂര്യൻ ഇല്ല മനസ്സിലായില്ല അവിടുന്ന് സായിപ്പും മതാമ്മയും ഒക്കെ സൂര്യൻ ഇല്ലാത്തത് കൊണ്ട് സൂര്യൻ നമ്മളെ ഒന്ന് കണ്ടുപൊക്കോട്ടെന്ന് വെച്ച് വരുന്നതാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന കോവളത്തും അവിടെ എവിടെയോന്ന് കിടക്കുന്നത് മനസ്സിലായില്ല അപ്പോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ പുതുതായി കണ്ടെത്തിയിരിക്കുന്നത് സൂര്യപ്രകാശം ക്യാൻസറിന് കാരണമാണ് പ്രത്യേകിച്ച് സർക്കോമി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് ഒരുപാട് പഠനങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ഇതൊന്നും മധ്യമേഖല സൂര്യന്റെ പ്രചണ്ഡമായ അഗ്നിയുള്ള ഭൂമധ്യരേഖയ്ക്ക് സമീപത്തുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കണ്ടിരുന്ന തന്നെ ഇല്ല നമ്മുടെ അപ്പനും അപ്പൂപ്പനും ഒക്കെ സൂര്യൻ ഇല്ലാതൊഴിച്ചു ഇന്നത്തെ പോലെ ഞങ്ങൾ ഇടുന്ന പോലുള്ള ഫോട്ടൊന്നും പോലും നടന്നിരുന്നത് നിങ്ങൾക്ക് ബോട്ടിടാതെ ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല പറ്റുമോ പറ്റുമോ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ തന്നെ അകത്തൊരെണ്ണം പുറത്തൊരെണ്ണം അതിൻ്റെ പുറത്തൊരെണ്ണം അതിൻ്റെ പുറത്ത് മുറുക്കിക്കെട്ടിയ ഒരു ടൈം ശരിയല്ല ഈ സൂര്യപ്രകാരത്തിൽ നിന്റെ നന്ദ കൗപനം കൊടുത്ത് നടന്നിരുന്നാ വയസ്സുകാലത്ത് വരെ ഇതെല്ലാം ഉടുത്തതാ ക്യാൻസറിന് കാരണം കാരണം തന്ത്രയുടെ തന്തൊക്കെ ഇല്ലായിരുന്നു ഇതെല്ലാം ഇഷ്ടപ്പെടുക അവിടെയാണ് ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് ശത്രുവാക്കുന്നു പഠിച്ചു പഠിച്ച് തന്റെ തന്നെ കോശങ്ങൾ തന്റെ ശത്രുവായി തീർന്ന് ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകളും ഉണ്ടാക്കുന്നു അവിടം എത്തി ഏറ്റവും വിചിത്രമായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്ക് നമ്മുടെ കോശം നമുക്കെതിരായി ഗൂഢാലോചന നടക്കും അതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ ആ വകുപ്പിൽ പെട്ടാണ് എസ് എൽ ആ വകുപ്പിൽ മൾട്ടിപ്പിൾ സിറോസിസ് ആ ആവരണവാദം ഇതെല്ലാം ഇന്ന് സർവസാധാരണമായി തുടങ്ങി ഇത് നമ്മുടെ കോശം തന്നെ നമുക്കെതിരാകുന്നു ഒരു പാർട്ടിക്കകത്ത് ആ പാർട്ടിക്കകത്തുള്ളവൻ തന്നെ അതിന് ശത്രുവാകുന്നു മനസ്സിലായില്ല ഒരു വീടിനകത്ത് പുറത്തുനിന്നല്ല ശത്രു വീട്ടിനകത്തുള്ളവൻ തന്നെ ശത്രുവാകുന്നു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ശരിയല്ല പഴയ കാലത്ത് ഇങ്ങനെ ഒടുവിൽ വന്നു വന്ന് നമ്മുടെ കോശം നമുക്കെതിരെ ചായ കുടിച്ച് ഗൂഢാലോചന നടത്തുന്നു അത് നമ്മൾ കഴിക്കുന്ന സാധനം അവൻ സ്വീകരിച്ചിട്ട് അകത്തിരുന്ന് നമുക്കിട്ട് താര വിട്ടുന്നു പുറത്ത് വെച്ച് വെച്ച് ഇത് കോശത്തിന്റെ ശീലമായി തീർന്നു പഴയ കാലത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നു സ്ഥലങ്ങളില്ല ഇന്നുള്ളത് പോലെ ഇല്ല ഇന്ന് എല്ലായിടത്തും അവിടെയാണ് ഇതിൻ്റെ ഗതികീഴുണ്ടെങ്കിൽ ഇത് നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഒരു ഉഹോൽപ്പന്നമാണ് ഇത് ആദ്യം ഉണ്ടാക്കിയെടുത്തത് ആംഗ്ലേയ ഭാഷയും ബ്രിട്ടീഷുകാരുമാണ് ചരിത്ര അന്വേഷിച്ചു നിങ്ങളുടെ കോശം ഈ പരുവത്തിലേക്ക് എത്തിയതിൻ്റെ പിന്നിൽ പടിഞ്ഞാറിൻ്റെ സംഭാവന വളരെ വലുതാണ് ആദ്യമായി നിങ്ങളുടെ കൊട്ടാരങ്ങൾക്കകത്ത് കെട്ടിലമ്മമാരെയും രാജാക്കന്മാരെയും തമ്മിലടിപ്പിച്ചതും മന്ത്രിയെയും രാജാവിനെയും തമ്മിലടിപ്പിച്ചതും സർവസൈന്യാധിപനെയും മന്ത്രിയെയും തമ്മിലടിപ്പിച്ചതും എല്ലാം ബ്രിട്ടീഷുകാരാണ് മനസ്സിലായില്ല ആ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ വളർന്ന് വളർന്ന് വളർന്ന് ഇന്ന് നിങ്ങൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു മോചനം വേണമെങ്കിൽ അവന്റെ സംസ്കൃതിയോട് നിങ്ങൾ വിട പറഞ്ഞേ പറ്റൂ ഇത് നിങ്ങളുടെ സംസ്കാരത്തിൽ ആ മൂലാഗ്രഹം വീണ്ടും കഴിഞ്ഞിരിക്കുന്നത് ചരിത്രം തേടി പൊക്കോളൂ അതല്ലേ പറഞ്ഞേ ചരിത്രം തേടിപ്പോകളൂ ആ കാലഘട്ടത്തിലുണ്ട് അതുകൊണ്ട് അത് രോഗാപുരമായ കാലഘട്ടമാണ് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ രോഗാപുരമായ കാലഘട്ടമാണ് ചരിത്രത്തിന് മുമ്പ് ഉള്ളപ്പോൾ ഇതേ രീതിയിൽ അത് കഴിഞ്ഞ് അധികൊക്കെ പാഠം പഠിച്ച് മര്യാദയ്ക്ക് ജീവിച്ചു വന്നിരുന്നതാണ് അപ്പോഴാണ് ലാഭത്തിന് വേണ്ടി ഇന്ന് നിങ്ങൾ ഒരു തൊഴിൽ ജീവി നടത്തുന്ന ലെറ്റർ പോലും എഴുതി കൊടുക്കാതെ അടുത്തേക്ക് ഒന്ന് രൂപ കൂടുതൽ കിട്ടുന്നത് ശരിയല്ല ശരിയല്ല ഒരു പണിയായകമായിട്ട് ഒന്ന് പണിയതുകൊണ്ടിരിക്കുന്നതൊന്നും മിണ്ടാതെയാണ് വേറെ സെറ്റ് പണിയായതുമായിട്ട് പോകും പിന്നെ എടുത്തിനെ വിട്ടടിപ്പിക്കുക ഒരു കൊല്ലം കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളോടുള്ള പ്രതിബദ്ധത നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ജീവിതത്തോടുള്ള പ്രതിബദ്ധത കോശങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഇത് ഹ്യൂമൻ റിസോഴ്സിലെ മൗലിക പഠനങ്ങളിലൊന്നാണ് അതുകൊണ്ട് ഏത് ലെവലിലും പഠിക്കാം നിങ്ങൾക്ക് നിങ്ങൾ പുതിയ മാനേജ്മെന്റ് നികുതി ഒന്ന് ഒരുപാട് പഠിക്കുന്നവരാണ് എം ബി എയും പഠിക്കുന്നവരാണ് പക്ഷെ ഇതുണ്ടാവില്ല ഉണ്ടോ ഉണ്ടോ ഏ ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായിരുന്നാലും അതുകൊണ്ട് പറഞ്ഞ് പറഞ്ഞ് പുരുഷന്റെ ബീജം സ്ത്രീക്കും സ്ത്രീ ബീജം പുരുഷനും വളരെ അർഭുതമുണ്ടാക്കുമെന്ന് പറയുന്നിടത്ത് എത്തുന്നു അവിടെ ആയിരുന്നിപ്പം ശാസ്ത്രം എത്തിയിരിക്കുന്നത് സെർവിക്സ് ക്യാൻസറിലും യൂട്രസ് ക്യാൻസറിലും ഒക്കെ ഈ തലങ്ങളിപ്പോ ചർച്ചയിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു വേള നാളെ ക്യാൻസർ രോഗം വന്ന ഭാര്യയും ഭർത്താവും കാമുകനും കാമുകിയുമെല്ലാം ആയുസ് ഒടുങ്ങുന്നതിന് കാരണമായ അർബുദത്തിലേക്ക് തന്നെ എത്തിച്ച ഭാര്യയ്ക്കും ഭർത്താവിനും കാമുകനും കാമുകിക്കുമെതിരെ കോടതികളെ സമീപിപ്പിച്ചേക്കാം എന്ന നിലവരനുകൂടായുകയില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഇതിലെയാണ് തുടങ്ങിയത് അതിന് നാളെ നിയമനിർമ്മാണവും ഉണ്ടായേക്കാമൻ അത്തറ്റം വരെ എത്താം ഈ സങ്കേതങ്ങൾ പറഞ്ഞിട്ടുണ്ട് കെസ്ലർ എന്റെ വാക്കല്ല പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് ആ സെർവിക്കൽ ക്യാൻസർ മെഡിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ സെക്സ്വാലിറ്റി എന്ന തൻ്റെ പുസ്തകത്തിൽ കെസ്ലർ ഗംഭീരമായി ഇത് പറഞ്ഞിട്ടുണ്ട് ഒന്നും എന്റെ വാക്കല്ല പാശ്ചാത്യം തന്നെ ഇന്ന് നേരിടുന്ന ഭീഷണികളിൽ മുഖ്യമായ ഒരെണ്ണമാണ് ഒരു മനസ്സ് ഇത്രയേറെ പ്രയാശങ്കകളോടെ തൻ്റെ ചുറ്റുപാടുകളെ സ്വീകരിക്കുന്നതിനിടെയായാൽ ആ അറിവും സങ്കൽപ്പങ്ങളും എത്ര മാത്രം വിനാശകരമായിരിക്കും പാപഭങ്കിലമായ അപൂർവ അനുമതിയിൽ നിന്ന് അർബുദമെന്നല്ല എന്തെന്തു രോഗങ്ങൾ ഉടലെടുത്തേക്കില്ല ചുരുക്കത്തിൽ ക്യാൻസറോജനിസം അർബുദ ഹേതിക്കൽ എന്നൊന്നില്ല ശരിക്കുള്ളത് വിശ്വവിശാലമായ ഒരു അർബുദ ഉദ്വേഗമാണ് ക്യാൻസറോ ഫോബിയ അതാണ് ഈ കാലം അത്രയും കൊണ്ട് നേടിയത് പത്രങ്ങളും മാസികകളും ആയിരത്തി മുതൽ ആദ്യത്തെ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ കേരളത്തിൽ എഴുപത്തി അഞ്ചില് എഴുപത്തി ആറിലൊക്കെയാണ് തുടങ്ങിയത് ഓർമ്മയുണ്ടോന്നറിയില്ല കേരളത്തിലെ ആദ്യത്തെ ക്യാൻസർ ഡിറ്റക്ഷന്റെ പ്രണേതാവ് അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിരുന്ന സി പി മാത്യു ആണ് അദ്ദേഹം എഴുപത്തിയഞ്ചിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിരുന്നത് എഴുപത്തിനാല് എഴുപത്തി അയ്യോ ഓർമ്മ അത് എഴുപത്തി അഞ്ചിലായിരിക്കും അല്ലെ എഴുപത്തിനാലിലായിരിക്കും എഴുപതുകൾ കഴിഞ്ഞല്ലാതെ കേരളത്തിൽ അങ്ങനെ ഒരു ഡിറ്റക്ഷൻ ക്യാമ്പ് നടന്നിട്ടില്ല എഴുപത്തഞ്ച് തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഏത് ക്ലാസിൽ പഠിക്കുമ്പോഴാ എന്ന് നമുക്ക് എളുപ്പമല്ലേ ആയിരിക്കും എത്രയുണ്ട് സിമിമാധ്യമാണോ ആദ്യത്തെ ക്യാൻസർ ഡിഫക്ഷൻ ക്യാമ്പുകൾ തുടങ്ങി അദ്ദേഹം പിന്നീട് അതിനെതിരാവുകയും ചെയ്തു ശക്തമായി ഇന്ന് അദ്ദേഹം അതിനെതിരുമാണ് കാരണം അന്ന് കല സാഹിത്യം സിനിമ അതിലേറ്റവും നിർണായകമായൊരു സിനിമയാണ് കാരണം സ്റ്റേജില് അഭിനയിക്കുമ്പോൾ നാട്യശാസ്ത്രകാരനായ ഭരതമുനി ശക്തമായി പറയുന്നുണ്ട് വീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ വിഖ്യാത വംശൻ ധരാപാലൻ വില്ലനി ഉണ്ടാവരുത് വില്ലനിയുള്ള നായകനെ അവതരിപ്പിച്ചാൽ മനുഷ്യ ജീവിതം ദുസ്സഹമായി തീരുകയും ജനത അതനുകരിക്കുകയും ചെയ്യും നിങ്ങളുടെ സിനിമയുടെ സംഭാവനയാണ് ഇന്നത്തെ ഭീകര പ്രവർത്തനങ്ങളിൽ നല്ലൊരു ശതമാനവും കാരണം മനുഷ്യൻ താതാത്മ്യം പ്രാപിക്കുന്നത് നായകനോടും നായികയോടുമാണ് മാനസികമായി നായകനോടും നായികയോടും താരതമ്യം പ്രാപിക്കുമ്പോൾ താതാത്മ്യം പ്രാപിച്ച ഒരു സ്ത്രീ സ്റ്റേജിൽ അഭ്രപാടിയിൽ ചിത്രങ്ങളായി കമലാഹാസനും നർവീസും അഭിനയിച്ചു തകർക്കുമ്പോൾ മദനോത്സവത്തിൽ നായിക എന്റെ ഞാൻ സറിന വഹാബും കമലാഹാസനും അഭിനയിച്ചു തകർക്കുമ്പോൾ നായികയ്ക്ക് ക്യാൻസർ വന്ന് നായകൻ പൊട്ടിക്കരയുന്ന നിമിഷങ്ങളിൽ ആ കൊട്ടകയിൽ നിന്ന് നിങ്ങൾ കണ്ണുനീർ വാർക്കുമ്പോൾ ആ നായകനായോ നായികയായോ അഭിനയിക്കുന്നവർക്ക് ക്യാൻസർ ഇല്ല മനസ്സിലായില്ല രണ്ടുപേർക്കും ആ സമയത്ത് ക്യാൻസർ ഇല്ല അപ്രപാടിയിലെ ക്യാൻസറുമായി താതാത്മ്യം പ്രാപിക്കുന്നത് ഓഡിയൻസാണ് അവനിൽ ഇൻവോളന്റിയായി ഉണ്ടാകുന്ന കണ്ണുനീർ അവന്റെ കോശത്തിന് രോഗം സ്വാഭിനികമായി ബാധിച്ചിട്ട് മാത്രമേ ഉണ്ടാവൂ മനസ്സിലായില്ല പറഞ്ഞത് കണ്ണുനീർ വോളണ്ടറി ആക്ഷൻ ഉള്ളതല്ല നിങ്ങളോട് അനുമതി ചോദിച്ചിട്ടല്ല കണ്ണുനീർ വരുന്നത് കരച്ചിൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങും ശരിയല്ല പൊട്ടും ശരിയല്ല കണ്ണുനീർ തടഞ്ഞാൽ ഹൃദയത്തിന് സമ്മർദ്ദം ഉണ്ടാവും ശരിയല്ല നിങ്ങൾ ആ കൊട്ടകയിലിരുന്ന് കരഞ്ഞു എങ്കിൽ ആർക്ക് ക്യാൻസർ വന്നാണ് കരഞ്ഞത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നായികയുമായി ചേർന്ന് ആ ക്യാൻസർ നിങ്ങൾക്കായി തീർന്ന് ആ മൃത്യു നിങ്ങളുടെ കോശം ഏറ്റെടുത്തപ്പോഴാണ് നിങ്ങൾ കരഞ്ഞത് അന്ന് കരഞ്ഞ തലമുറയാണ് ഇനി അനുഭവിക്കുന്ന ക്യാൻസറിൽ തൊണ്ണൂറ് ശതമാനമുള്ളൂ കല കരയാനുള്ളതല്ല സാഹിത്യം കരയാനുള്ളതല്ല നിങ്ങളെ കരയിപ്പിച്ചും കരഞ്ഞും നിങ്ങളുടെ ജീവിതാരോധനത്തിലേക്ക് ഈ മഹാരോഗങ്ങളെ കടത്തിക്കൊണ്ടുവന്നത് പ്രാചീനൻ മനഃശാസ്ത്രം ഉൾക്കൊണ്ടിട്ട് എഴുതിവെച്ച ഉദാത്തങ്ങളായ സങ്കേതങ്ങളെ മറന്ന് നായക രോഗങ്ങളിലേക്ക് രോഗിയെയും വിഷമമനുഭവിക്കുന്നവനെയും ഒക്കെ കൊണ്ടുചെന്നാൽ മനുഷ്യനെ കരയിപ്പിക്കാമെന്നും അതിലൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് ആ സങ്കേതങ്ങൾ ഇറങ്ങിക്കൊണ്ടിരാമെന്നും ചിന്തിച്ച ആധുനികന്റെ ചിന്തയുടെ പരിണാമമാണ് കടന്ന കൈയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ നിനക്ക് സമ്മതിക്കാൻ വിഷമമുണ്ടാവും സമയമായതുകൊണ്ട് നമുക്ക് നിർത്താം ഇപ്പൊ ചുരുക്കത്തില് ക്യാൻസറോജനിസം അർബുദ ഹേതുക്കൾ എന്നൊന്നില്ല ശരിക്കുള്ളത് വിശ്വവിശാലമായ അർബുദ ഉദ്വേഗമാണ് ഇംഗൽ തിങ്കൾ ഡോക്ടർമാരെയും ക്യാൻസർ സൊസൈറ്റികളെയും മാധ്യമങ്ങളെയും എല്ലാം ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് അവിടെ പറഞ്ഞു തീർത്ത് കാരണം അവയെല്ലാം അർബുദമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഭയം കലർന്ന അറിവ് അറിവെല്ലാം അനുഭവങ്ങളും ദുഃഖങ്ങളുമായി തീരുന്നു മാനവ പുരോഗതിയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ വിശ്വസ്നേഹവും മര്യാദകളും ചിന്തിച്ചു അവ പ്രാവർത്തികവുമായി എന്നാൽ അസുഖങ്ങൾ അനുഭവിക്കുന്നവർ ഉത്കണ്ഠാകുലരായി രോഗികളായി ഇങ്കൽ എസ് ജെ ക്യാൻസർ അലാം ക്യാൻസർ എന്ന് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ക്യാൻസർ അലാംസർ ഇവിടെ നമുക്ക് എത്താം ബാക്കി നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം നാരായണ നമസ്കൃത്യ നരം ജൈവ നരോത്തമം സരസ്വതി